മുക്ഷത്യുദ്ധബുദ്ധസത്യസ്വ്രുജാധാമേവാ <muchottom> സത്സു രാഗർമ്മ ജിജ്ഞാസിജാസി വിവരീ മമുക്ഷത്വം എന്താണെന്ന് പറയുന്നു നിത്യ ശുദ്ധ മുക്ത സത്യസ്വഭാവ ബ്രഹ്മജ്ഞാനം ബ്രഹ്മം എന്താണ് നിത്യമാണ് ശുദ്ധമാണ് മുക്തമാണ് സത്യമാണ് ഇവിടെ രണ്ടും നിത്യവും സത്യവും നവേറെ പറഞ്ഞിട്ടുണ്ട് നിത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് സത്യം എന്ന് പറഞ്ഞാൽ നിത്യല്ലാത്തത് രണ്ടും ചേരുന്നത് ബ്രഹ്മത്തിനെ ഉള്ള പിന്നെ ശുദ്ധമാണ് മുക്തമെന്ന് പറഞ്ഞാൽ നിത്യമുക്തമാണ് ബുദ്ധമെന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപമാണ് ഇതില് ബുദ്ധമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ നിത്യശുദ്ധ ബുദ്ധ എന്നാണ് ആ പാഠഭേദം ഇതിൽ മുക്തന്നാണ് ചിലതിൽ ബുദ്ധ എന്നാണ് രണ്ടും ചേർത്തോളാം അപ്പൊ രണ്ടും നല്ലതാണ് ആ നിത്യം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ് ശുദ്ധമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മാലിന്യങ്ങൾ മായ അവിദ്യ തമസ് ഇങ്ങനൊന്നും ഇല്ലാത്തത് മുക്തമെന്ന് പറയുന്നത് നിത്യമുക്തമാണ് ആരും പരിശ്രമിച്ച് നേടിയെടുക്കുന്നൊന്നല്ല മുക്തി ആരുടെ എങ്കിലും പരിശ്രമം കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല മുക്തി കാരണം അത് നിത്യമാണ് നിത്യസിദ്ധമാണ് മുക്തി അത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അപ്പം പിന്നെ നമ്മൾ മുക്തി എങ്ങനെ നേടിയെടുക്കാൻ പറ്റും നേടാൻ പറ്റത്തില്ല അത് ബ്രഹ്മം തന്നെ മുക്തമാണ് പിന്നെ ഇവിടെ പറയുന്ന സാധന ചതുഷ്ട സമ്പന്ന അവൻ തന്നെയാണ് ബ്രഹ്മം ഇതാണ് അദ്വൈതത്തിലെ ഇതാണ് ടേടാ പരിപാടി ശ്രോതാവ് വിജ്ഞാസു തന്നെയാണ് ആ സീക്കർ ബിക്രം സോട്ട് എന്ന് പറയാൻ റെക്കഗ്നൈസ് എന്ന് പറയുന്നതും സോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം ഇവിടെ പറയുന്ന എന്താണ് ചോദ്യം വരുന്ന എന്താണ് അതിന്റെ ആവശ്യം എന്തോന്നു റൊക്കിന ആവശ്യം കാരണം മുക്തനാണ് പിന്നെ സോട്ട് ഭാഷ അതെ അപ്പോ അതിനെ അന്വേഷിക്കുന്നവൻ തന്നെയാണ് അവൻ തന്നെ തന്നെ കണ്ടെത്തുന്ന നിത്യമുക്തമാണെങ്കിൽ പിന്നെ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ പ്രയോജനം തോന്നുന്നു അനന്തസമാനം പറയും വാട്ട് ഈസ് ദൂസ് ഓഫ് റെക്കഗ്നൈസേഷൻ എന്തിനറിയണം അറിയേണ്ട ആവശ്യം നിത്യമുക്തനായിരിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ അറിയുന്നു നോക്ക് അവിദ്യ എന്തിനു നശിക്കണം നിത്യ മുക്തനല്ലേ ഏ എന്ത് പറഞ്ഞാലും ചോദ്യം വരും അത് എന്തിനാണ് അത് തന്നെ അതൊക്കെ എന്തിനു വേണ്ടി മുക്തനാണല്ലോ നിങ്ങൾ പറയുന്നത് അതെല്ലാം ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെങ്കി എന്ന് വെച്ചാ മുക്തിക്ക് വേണ്ടി എന്ന് പറയുമല്ലോ ചെയ്യുന്ന എന്തിനു ക്തിക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റുമോ മുക്തനാണല്ലോ പിന്നെ ഇത് എന്തിനു വേണ്ടി എന്ന് ചോദ്യത്തിൽ എന്ത് ഉത്തരം പറയും എന്തു പറഞ്ഞാലും എന്താണോ അദ്ദേഹം പറയുന്ന എന്താണ് മുക്തനാണ് പിന്നെ ഇതൊക്കെ എന്തിനു വേണ്ടി സംസ്കൃതത്തില് അതൊക്കെ ഇവിടെ തന്നെ പറയുന്നു എല്ലാം ഇവിടെ പറയും പലതും പറയും അപ്പൊ എന്തിനന്നൊരു ചോദ്യം വരും കാരണം ആത്മാവ് എന്ന് പറയുന്നത് നിത്യമുക്തമാണ് അപ്പൊ അതിന്റെ മുക്തി നേടേണ്ടതല്ല മുക്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യമില്ല പിന്നെ നിങ്ങള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി ഒമ്പറെന്താണോ ജസ്റ്റ് റെക്കഗ്നൈസ് എന്തിനു റെക്കഗ്നൈസ് ചെയ്യുന്നു പിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്തിനാ റക്കഗ്നൈസ് ചെയ്യുന്നു ഇപ്പൊ പറഞ്ഞോ മുക്തനാണെന്നോണ്ട് അവൻ റെക്കഗ്നൈസ് ഐഡന്റിഫൈ ഇത്തരം ഒരു ബോധമില്ലായ്മ കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് മുക്തനാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നും ബോധിച്ചാ മതി അപ്പിന് ബാക്കി ഒന്നിന്റെ ആവശ്യമില്ല പക്ഷെ അങ്ങനെ ഒരു ബോധം വന്നില്ലെങ്കി എന്താണ് മുക്തനാണെങ്കി ഒന്നിന്റെ ആവശ്യമില്ല എന്നും അറിഞ്ഞാ മതി പക്ഷെ ഒന്നിന്റെ ആവശ്യമില്ല എന്നൊന്നും ബോധിക്കുന്നില്ല ഏ ഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ ബോധം വന്നല്ലോ ഭുക്തനാണെന്ന് കൂടെ പറഞ്ഞല്ലോ വീണ്ടും പറയും എന്താണ് നിത്യശുദ്ധ ബുദ്ധ മുക്തസത്യസ്വഭാവം ബ്രഹ്മം ബ്രഹ്മം അതിന്റെ ജ്ഞാനാണ് ബ്രഹ്മജ്ഞാനം അതാണ് ഇങ്ങനെയുള്ളതായ ബ്രഹ്മത്തിന്റെ ജ്ഞാനമാണ് മോക്ഷത്തിന്റെ കാരണം ഉപശ്രുത്യ ച്ച വേദത്തിൽ നിന്നും ശ്രവിച്ചിട്ട് അപ്പോ ഈ കാര്യങ്ങളെല്ലാം എന്താണ് അതിന് പറയുന്ന സമാധാനം ഈ പറയുന്നതൊക്കെ വേദത്തിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്ന ഉപശ്രവണം വേദ അധ്യയനം കൊണ്ട് അവൻ ശ്രവിക്കുന്നതാണതൊക്കെ അതിനെ കുറിച്ച് അവന് അറിവുണ്ടാകുന്നു മനസ്സിലായോ തന്മുക്തനാണോ എന്നറിവുണ്ടായാലും ഇതേ വിഷയത്തെ കുറിച്ച് തന്നെ ഞാൻ മുക്തനാണെന്നുള്ള അജ്ഞാന സംശയ വിവരങ്ങൾ വീണ്ടും തുടരുന്നു അവിടെയാണ് പ്രശ്നം അജ്ഞാന സംശയവിവര്യങ്ങൾ അവനൽ തുടരുന്നു മുക്തനാണെന്ന് അറിയുന്നത് സംഗതി അവൻ മുക്തനാണ് പക്ഷെ മുക്തനാണെന്ന് അവൻ അറിയുകയും ചെയ്യുന്നുണ്ട് അപ്പോ മുക്തനാണെന്നവൻ വേദത്തിൽ നിന്ന് തന്നെ അറിഞ്ഞു പക്ഷെ അറിഞ്ഞാലും അവന് അജ്ഞാന സംശയ വികൃങ്ങൾ അവനെ ബാക്കി ഇതൊക്കെ എന്തിനുവേണ്ടി എന്ന് ഈ അജ്ഞാന സംശയവിര്യങ്ങളെ മാറ്റാൻ വേണ്ടി ഇതിനു വേണ്ടിയിട്ടാണ് ഇതാണ് ശങ്കരാചാര്യ പറയുന്ന സമാധാനം എന്തിനു വേണ്ടി എന്നാണ് ഞാൻ ഇത്തരം പറയുന്നത് താൻ മുക്തനാണ് എന്നുള്ളത് സത്യമാണ് അത് താൻ വേദത്തിൽ നിന്ന് മനസ്സിലാക്കി പക്ഷെ അത് മനസിലാക്കിയിട്ടും ഈ സംശയ അജ്ഞാന സംശയവിര്യം മൂന്നും തുടരുന്നു അപ്പൊ ഈ അജ്ഞാന മുക്തിക്ക് വേണ്ടിയല്ല അജ്ഞാന സംശയങ്ങളെ നിവർത്തിക്കു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബ്രഹ്മവിചാരം അങ്ങനെ ബ്രഹ്മവിചാരം ചെയ്ത് ഈ അജ്ഞാന സംശയവിപര്യങ്ങൾ മാറുന്നതിനാണ് അജ്ഞാനനാശം എന്ന് പറയുന്നത് അജ്ഞാന സംശയവിപര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവന് ബ്രഹ്മത്തെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള അറിവില്ലാതെയും എല്ലാ തരത്തിലുള്ള സംശയങ്ങളും എല്ലാ തരത്തിലുള്ള വിപരീതജ്ഞാനങ്ങളും മാറുന്നു മനസ്സിലായോ എല്ലാം മാറുന്നു മാറി കഴിയുമ്പോ എന്തിനുള്ളത് ഉത്തരമായി പിന്നെ ഏതൊക്കെ ചോദ്യങ്ങൾ ഇതിനെ ചോദിക്കുന്നു എല്ലാ ചോദ്യത്തിനും ഉത്തരമായി ഇതാണ് ശങ്കരാ നിലപാട് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ പിന്നെ സംശയവും അവശേഷിപ്പിക്കാതെയാണ് മറുപടി പറയുന്നത് സംശയം ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയമുണ്ടാവാം വേദാന്ത മൂഢന്മാർക്കൊഴികെ ചിന്തിക്കുന്ന എല്ലാവർക്കും സംശയം ഉണ്ടാവാം എന്താ സംശയം സംശയോ അതായത് ഇവിടെ പറയുന്നത് എന്താണോ ഉപശ്രു വേദത്തിൽ നിന്ന് കേട്ടിട്ടെന്നാണോ അപ്പൊ ഒരു സംശയം ഉണ്ടാവും എന്തായാലും വേദത്തിൽ പറയുന്നുണ്ടോ നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒരാത്മാവിനെക്കുറിച്ചും അതിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും വേദത്തിൽ പറയുന്നുണ്ടോന്ന് സംശയം വരില്ല അത് വരാം ഇനി വേദത്തിൽ പറഞ്ഞു എന്നിരിക്കട്ടെ വേദത്തിൽ പറഞ്ഞു നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒരാത്മാവൻ അപ്പോ അങ്ങനെ ഒരാത്മാവിനിയുണ്ടോ വേദത്തിൽ പറഞ്ഞി തന്നെ ഉണ്ടാവണമെന്നുണ്ടോ വേദത്തിൽ സ്വർഗ്ഗമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു ആത്മാവിനി ഉണ്ടോ അങ്ങനെ സംശയം ഉണ്ടായിക്കൂട്ടെ ഇനി ഉണ്ടോ എന്ന് ഉള്ള എന്താ പറഞ്ഞു വേഗത്തിൽ പറഞ്ഞു എന്ന് പറയും അപ്പൊ അങ്ങനെ ഒരു ആത്മാവുണ്ടോ ശരിക്കും വിമേഷും കസേരയും ഒക്കെ ഉണ്ടെന്ന് പറയും പോലെ വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യം ഈ ആത്മാവിനുണ്ടോ ഇങ്ങനെ സംശയമുണ്ടോ ഇനി ഇനിയും സംശയമുണ്ടോ എന്താണ് ഇനി അങ്ങനെ ഒരു തന്നെ അത് താനാണോ ഇവിടെ പറയുന്നത് താനെന്നല്ലേ അങ്ങനെ എത്രയോ സംശയങ്ങളുണ്ട് ഒരു സംശയം ചോദിക്കാറുണ്ട് അത് താനാണോ അത് താനാണോന്നൊരു സംശയം ഉണ്ടോ മനസിലാവേ ഇനി അത് കഴിഞ്ഞ വീണ്ടും സംശയം ഉണ്ടോ അതെന്താണ് അത് ശരിയാ താനാണോ എന്നറിഞ്ഞ വീണ്ടും സംശയം ഉണ്ടാവും എന്താണ് യോഗ്യോ യോഗ്യത ചർച്ച ചെയ്തു അതായത് അങ്ങനെ ഒരു ആത്മാവിന്റെ ജ്ഞാനം അതുകൊണ്ട് മോക്ഷം ഉണ്ടാവും ഇങ്ങനെ സംശയം ഉണ്ടാകുമെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ വെറുതെ സംശയം ഉണ്ടാക്കി പറയുന്നതല്ല പിന്നെയോ ഇങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാകും അതായത് ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ടോ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരാത്മാവ് വസ്തുനിഷ്ടമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരാത്മാവിന്റെ ജ്ഞാനം കൊണ്ട് മോശം കിട്ടുമോ ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ ഞാൻ പറയാൻ കാരണം എന്താണ് നിങ്ങൾക്ക് അങ്ങോട്ടൊന്നും കത്തുന്നില്ല ആ അതായത് ഇന്നലെ ചോദ്യം ചെയ്യുന്നവരുടെ സംശയങ്ങളെ ഇപ്പൊ ശങ്കരാചാര്യമൊക്കെ തട്ടിവിടുകയാണ് എന്താണ് നിത്യശുദ്ധ ബുദ്ധ ബുദ്ധ ആത്മാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മറ്റുള്ളവർ ചോദിക്കും ഞാൻ ചോദിക്കുന്ന സംശയമുണ്ടോ നിങ്ങളീ പറയുന്നതുപോലുള്ള ഇങ്ങനെ ഒരു ആത്മാവിനെ അറിഞ്ഞ ഇപ്പൊ താർക്കേം ചോദിക്കും ഇങ്ങനെ ഒരാത്മാവുണ്ടോ ഞങ്ങളെ ആത്മാവിങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഒരാത്മാവിന്റെ വേദത്തിൽ പറയുന്നുണ്ടോ ഞങ്ങളെ വേദത്തിൽ പറയുന്നുണ്ടല്ലോ ഇനി ഇങ്ങനെ ഒരു ആത്മാവിന്റെ ജ്ഞാനും കൊണ്ട് മോക്ഷം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇങ്ങനെ ആത്മ ഞാനും കൊണ്ട് മോക്ഷം ഉണ്ടാകുന്നു പിന്നെ ആരും അംഗീകരിക്കുന്നില്ല രാമാനുജി അംഗീകരിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ പുറത്തെ ആൾക്കാരുണ്ട് മനസ്സിലായോ ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം അതിനാണ് ഇവിടെ പറയാൻ പോകുന്നത് ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മവിചാർ ഈ ബ്രഹ്മവിചാർ ഇതിനെല്ലാത്തിനും സമാനം പറയണം ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം അപ്പൊ ബ്രഹ്മവിചാരം കൂടാതെ ഈ സംശയങ്ങളൊക്കെ മാറും ്രഹ്മവിചാരം കൊണ്ട് ഈ സംശയങ്ങളെല്ലാം മാറുന്നു ഒന്നു വെക്കോ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് എന്താണ് പ്രശ്നം ഈ സംശയങ്ങളെല്ലാം മാറുന്നത് അദ്വൈതിക്ക് മാത്രമേ മാറൂ വേറെ ആർക്കും മാറിയിട്ടില്ല ഇനി മാറാനും പോകുന്നില്ല എന്തുകൊണ്ട് അവരിതൊന്നും അംഗീകരിക്കത്തില്ല നിങ്ങളെത്രയൊക്കെ അവരോട് സംസാരിച്ചാലും അവർ പറയും ഇതൊന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല മോക്ഷം പറയും അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അദ്വൈതിയുടെ കാഴ്ചപ്പാടാണ് അദ്വൈതിക്ക് മോക്ഷം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അദ്വൈതീയുടെ ബ്രഹ്മം ഇങ്ങനെയാണ് അദ്വൈതിയുടെ ജ്ഞാനം ഇങ്ങനെയാണ് അദ്വൈതിയുടെ മോക്ഷം ഇവിടെ മോക്ഷത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇത് അദ്വൈദിയുടെ മോക്ഷത്തെക്കുറിച്ചാണ് അല്ലാതെ രാമാനുജന്റെ മോക്ഷത്തെ കുറിച്ച് ഡിഫറൻ്റായിട്ടാ പറയുന്നത് അവര് ഇതെന്നും അംഗീകരിക്കില്ല ചന്ദ്രന്റെ പേര് കിട്ട പള്ളികളും ദയാനന്ദ സരസ്വതി അദ്വൈതത്തെ ഒരു അംഗീകരിക്കില്ല മറ്റാരും ആരും അത് ശൈവസിദ്ധാന്തത്തിന് അദ്വൈതമായിട്ട് വളരെ സാമ്യമുണ്ട് അവരുടെ ഇത്രയുള്ള ബ്രഹ്മം എന്ന് പറയാവര് ബ്രഹ്മം തന്നെ ശിവൻ പക്ഷെ ആ സാധനയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ വ്യത്യാസമുണ്ട് പശുവന്റെ ഉപാസനയും അവന്റെ പൂജകളും മറ്റു കാര്യങ്ങളും പിന്നെ പശുപതി വാശമഴിച്ചു പാഹിമാശ അതാണ് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇതെപ്പോഴും മനസ്സിലാകണം ഇതെല്ലാം ഓരോരോ ആചാര്യന്മാരുടെ നിലപാടുകളെന്നു കൊണ്ട് പറയുന്നതാണ് പ്പോ ഇതൊക്കെ ശരിയാവണമെങ്കിൽ എന്ത് വേണം എന്നുള്ളടത്ത് ചോദ്യം വരും വിശ്വാസം ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നിങ്ങൾക്ക് ശരി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നൂറ് ശതമാനം സബ്ജക്റ്റീവായ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ് നിങ്ങൾ അദ്വൈതം പഠിക്കുന്നു നിങ്ങൾക്ക് അദ്വൈതത്തോടൊരു താല്പര്യം വരുന്നു അദ്വൈതത്തോടൊരു വിശ്വാസം വരുന്നു നിങ്ങളിതൊക്കെ വിചാരം ചെയ്യുന്നു വിചാരം ചെയ്തതൊക്കെ ശരിയാണെന്ന് ബോധിക്കുന്നു അത് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നു കരുതുന്നു ഞാൻ മുക്തനായ ഞാൻ മുക്തനായെന്ന് കരുതുന്നു അതാണ് നിൻ്റെ വഴി അതിന് ശ്രദ്ധ നേരത്തെ പറഞ്ഞ അത് ആണ് എന്ന് പറയുന്നതാണ് ഏതിലായാലും ശരീരവും അത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നിത്യശുദ്ധുദ്ധ മുക്ത ഇങ്ങനെ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനം അതെവിടെയിരിക്കുന്നു ചോദിച്ചാ എന്ത് പറയും അതന്നെ ആ ഗുഹയിലിരിക്കുന്ന സാധനം ീ പറയുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തമൊന്നും വേറെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ അവിടെയല്ലേ പ്രശ്നം എവര് പറയുന്നു അത് നിത്യശുദ്ധ ബുദ്ധമുക്തമൊന്നും വേറെ ആരും അംഗീകരിക്കുന്നില്ല അതാണ് നീ എന്ന് പറഞ്ഞാൽ വേറെ ആരും അംഗീകരിക്കുന്നില്ല അദ്വൈതത്തില് മറ്റുള്ളവർക്ക് ആർക്കും സ്വീകരിക്കാൻ വയ്യാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് നീയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ നീയാണ് ബ്രഹ്മം എന്ന് പറയുന്ന അംഗീകരിക്കാൻ പറ്റില്ല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും താർഗ്യന്മാർ പറയുന്നു ജ്ഞാനം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നാണ് നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നിരന്തരം നമ്മുടെ ഉള്ളിൽ ഇതെങ്ങനെയാ നിത്യശുദ്ധ മുക്ത സ്വഭാവ അവരും അംഗീകരിക്കത്തില്ല അപ്പൊ ഇത് അദ്വൈതി മാത്രം അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതിനൊക്കെ ഇറങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു വിശ്വാസിയായി അതെപ്പോഴും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യാം നിത്യശുദ്ധമായൊരു ബ്രഹ്മ എന്താ അതെവിടെയിരിക്കുന്നു ആരും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പൊ ഇതിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ഒരു വിശ്വാസിയാവുന്ന മനസിലായോ അവനെ രക്ഷകനായി സ്വീകരിക്കുക അതാണ് എന്റെ വഴി അവനാണ് ജീവനും രക്ഷയും വഴിയും മാര്ഗവും എന്ന് പറയും പോലെയാണ് വിശ്വാസം അങ്ങനെ അകുന്നു ആ വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നത് വിശ്വാസം വേണോന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ അതാണ് വിശ്വാസം വേണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങളെ ഇത്രയും കാലം പറ്റിക്കുക വേറെ എന്തൊക്കെ പറഞ്ഞു പറ്റിക്കുക സത്യം പറഞ്ഞില്ല is evident for me, uh, that evidence of, uh, you know, of Svambharasam, like revealing, evident and self-revealing Atma, my existence, I don't need to prove, mm. that is a fact, many a of them mm. don't understand. The book is evident for you and me. Okay. Why? Because there is a third party experience. Ah, the book is evident for you and me. Okay. Why? Because there is a third party experience. ീ ബുക്ക് കണ്ടാലേ ശങ്കരായും പറയും രാമാനുചാചാര്യനും പറയും മാധുവിനും പറയും ഇത് ബുക്കാണെന്ന് പക്ഷെ എല്ലാവരും ഇരിക്കുന്ന ഈ സാധനത്തെ കണ്ടുകഴിഞ്ഞാൽ മൂന്നുപേരും പറയും അത് മൂന്ന് സാധനമാണ് അതുകൊണ്ട് സെൽഫ് എവിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇംഗ്ലീഷിൽ പറഞ്ഞു പറ്റിയിരിക്കുന്നത് ഇപ്പൊ മലയാളത്തിൽ പറയുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് അത് തട്ടിപ്പായിരുന്നെന്ന് മനസിലായ മറ്റേ തേർഡ് പാർട്ടി എക്സ്പീരിയൻസ് എന്ന് പറയും ഞാന് ഇത് ബുക്കാണ് ഇത് ഇതാണ് ഇതൊന്നും നമുക്ക് ആർക്കും അഭിപ്രായം അത് ദിവസമല്ല പക്ഷെ നിത്യശുദ്ധ ബുദ്ധമുക്തം എന്ന് പറഞ്ഞാൽ ഇവരും ആരും യോജിക്കത്തില്ല മൂന്നുപേർക്ക് മൂന്നു അഭിപ്രായമായിരിക്കും അപ്പൊ ഇതെങ്ങനെ സെൽഫ് എവിഡന്റ് ആവും ഇത് സെൽഫ് എവിഡന്റ് ആണ് മറ്റു സെൽഫ് എവിഡൻറ് ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരാളെ അംഗീകരിക്കുമെന്നും വേറെ ആരും അംഗീകരിക്കില്ല സെൽഫ് എവിഡന്റ് ആണെന്നുള്ള കാര്യം എന്റെ എല്ലാവരും അംഗീകരിക്കും മനസിലായി എന്തുകൊണ്ട് ഇതൊരു തേർഡ് പാർട്ടി എക്സ്പീരിയൻസ് ആണ് ഒബ്ജക്റ്റീവ് ആണ് ഒബ്ജക്റ്റീവ് ആണെന്ന് മാത്രമല്ല ട്രൂത്ത് ആണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാകുന്നത് എല്ലാവരും എന്തുകൊണ്ട് പറയുന്നത് ഇത് കപ്പാണെന്ന് ഒബ്ജെക്ടീവ് ട്രൂത്ത് ആവേണ്ടത് എന്ന് പറഞ്ഞാ ഒരാളെ അംഗീകരിക്കും വേറെ ആരും അംഗീകരിക്കില്ല രാമായണനും മാധുനം അംഗീകരിക്കും ആ അപ്പൊ അത് എങ്ങനെ ആ അപ്പൊ പിന്നെ ഏത് സ്ഥലത്തോട്ട് ആ ഒരാളെ അംഗീകരിക്കും അപ്പൊ പിന്നെ അതെങ്ങനെ ഒരു ട്രൂത്ത് ആണെന്ന് പറയാൻ പറ്റും ഏഹ് ഈ ദ്വൈതിയും വിശേഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എമ്മെടുത്തോളാണ് ഇത് സ്റ്റോറി പറയും മറന്ന് പറയും അദ്ദേഹം അതിന് മുമ്പ് ഇതുണ്ടാവും എല്ലാവരോടും മോക്ഷം കിട്ടാൻ തുടങ്ങി ഭഗവാനെ അല്ല അത് മാതന്മാര് പറയുന്നെന്തെന്നറിയാമോ ഈ ശങ്കരാചാര്യെന്ന് പറയുന്നത് പിഴച്ചുപെറ്റോരുത്തനാണ് പിഴച്ചുപറ്റവർത്തനാണ് ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വസ്തുവഴുതിന് വേണ്ടിട്ട് മധ്വാചാര്യന്റെ ശിഷ്യന്റെ ശിഷ്യൻ നാരായണ ഭട്ട എന്ന മറ്റുള്ള പേര് അയാൾ ഇത് വെച്ച് പ്രസ്തവിച്ചിട്ടുള്ളൂ അത് മാധവിജയം അതിൽ ഒരു അധ്യായം മുഴുവൻ ഈ ശങ്കരാചാര്യൻ ഇങ്ങനെ ജാരസന്ധതിയാണ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ജാരസന്ധതിയാണ് ഇതെല്ലാം കുളമാക്കാൻ വേണ്ടി വന്ന ഒരു എഴുതി എഴുതി അപ്പൊ ഇത് വിശ്വാസം എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു എന്തുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പേഴ്സണലാണ് വേദത്തെ അല്ല അദ്വൈതത്തെ വിശ്വസിക്കണം വേദത്തെ വിശ്വസിക്കുന്നുണ്ട് അദ്വൈതത്തെ വിശ്വസിക്കുന്നവർക്ക് ഇത് അപ്പൊ വിശ്വാസത്തിൽ നിക്കത്തോ വിശ്വാസത്തില് പറയാൻ അപ്പോൾ മോക്ഷസ്യ കാരണവിദ്യ ഉപശ്രുത്തിയെന്നു വെച്ചാൽ ആദ്യം വേദത്തിൽ കേട്ടിട്ട് തജിജ്ഞാസ പോലെ അപ്പോൾ അതിനെ ആഗ്രഹം ഉണ്ടാകുന്നു എപ്പോ പറഞ്ഞ കാര്യം പറയുന്നത് ധർമ്മ പ്രാഗ് ധർമ്മജിജ്ഞാസ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്താണ് ധർമ്മ ജിജ്ഞാസ ഉണ്ടാകുന്നതിനു മുമ്പ് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകും എന്ന് പറഞ്ഞ ഒറ്റ വരിൽ എന്താ എന്റെ അർത്ഥം ഒരുപാട് ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം ധർമ്മ ജിജ്ഞാസക്ക് മുമ്പ് തന്നെ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകും ഇവിടെ കേട്ടവർക്ക് പറയാൻ പറ്റത്തില്ല പിന്നെയാണ് കേക്കാത്തയാള് പറയുന്നത് എന്നാണോ പറഞ്ഞത് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകും പറഞ്ഞ എന്താണ് എന്റെ അർത്ഥം ആ ഗൃഹസ്ഥാശ്രമത്തിന് മുമ്പ് ബ്രഹ്മചര്യാശ്രമത്തിരിക്കുന്ന ഒരാൾക്ക് തന്നെ ബ്രഹ്മ ജിജ്ഞാസാകാം എന്നർത്ഥം പിന്നെ അതാണ് പ്രാഗ് ഊർധം ചെയ്യാന്ന് ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ബ്രഹ്മന്യാസമുണ്ടാകും ആണ് എന്റെ അർത്ഥം ഇതൊരുപാട് ചർച്ച ചെയ്തതാണ് ആർക്കാണ് ഈ പറയുന്ന സാധനചമ്പത്തിന്ന് പറയുന്നു ഒരാൾക്ക് ബ്രഹ്മചര്യത്തിൽ അതുണ്ടാകാം അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും ഒരാൾക്കുണ്ടാകും ഈ രണ്ട് കൂട്ടർക്ക് ആർക്കുണ്ടായാലും എന്ത് സംഭവിക്കണം അതിനാണ് പ്രാധാന്യം എന്താ സംഭവിക്കണ്ട എത്രയോ ഞാൻ പറഞ്ഞത് സന്യാസം അതിനാണ് പറയുന്നത് നേരത്തെ പറഞ്ഞാസോ പാവർത്തതേ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രഹ്മചരി ആശ്രമത്തിൽ ഉണ്ടാകാം അല്ല ബ്രഹ്മചരിയും കഴിഞ്ഞ ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാൽ അവിടെയും ഉണ്ടാകാം എവിടെ ആയാലും ശരി എപ്പോഴാണോ അയാൾക്ക് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കണം സന്യാസം സർവകർമ്മ സന്യാസം ഇതാണ് ശങ്കരാ പ്രധാനമായ ശ്രദ്ധ അതിന് ഒരു വിട്ടുകീഴ്ചയാൾ തയ്യാറല്ല പറഞ്ഞത് ജ്ഞാനം സന്യാസ ലക്ഷണം ഒരാൾക്ക് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം സന്യാസം അത് ബ്രഹ്മചാരി ആയാലും ശരി സന്യാസമുണ്ടോ ഈ ആശ്രമങ്ങളിലൊക്കെ പറയുന്നത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞയാളും സന്യാസിന്ന് പറഞ്ഞാൽ കൂടിയ ആളും ഒന്നാണ് അങ്ങനെയുള്ള ഒരു ധാരണ അല്ലെ ബ്രഹ്മചാരി കുറഞ്ഞയാളും സന്യാസിൾക്കാര്ച്ചിരിക്കുന്ന എന്താണ് ധരിച്ചിരിക്കുന്നത് ബ്രഹ്മചാരി ആയിരിക്കുന്നത് നാളെ സന്യാസിയാകാൻ വേണ്ടിട്ടെന്നാണ് അങ്ങനെ ഇരിക്കുന്ന അതുകൊണ്ട് ഈ പറയുന്ന എന്താണ് ഇന്ന് ബ്രഹ്മചാരി ആയിരിക്കുക പിന്നെ നാളെ സന്യാസിയാക അപ്പൊ കുറഞ്ഞവൻ കൂടിയനാകും കൂടിയവനാകും ഈ പറയുന്നതും ശങ്കരായ പറഞ്ഞാട്ട് യാതൊരു ബന്ധവുമില്ല എന്തുകൊണ്ട് ബ്രഹ്മചാരിയായിരിക്കുന്നവൻ അവന് എന്താണ് ബ്രഹ്മജിജ്ഞാസുണ്ടായി ഞാനുണ്ടായി കഴിഞ്ഞാൽ അവൻ സന്യാസി അല്ലാതെ ഒരിടത്ത് കുറെ കാലം ബ്രഹ്മചാരിയായി താമസിച്ച് അത് കഴിഞ്ഞിട്ട് അവൻ തലയും മുട്ടയടിച്ച് കാവ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ സന്യാസി ആവത്തില്ല അതിന് ശങ്കരാചരിൽ അംഗീകരിക്കുന്നില്ല ആരോ എഴുതിയിട്ടുണ്ട് ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മചാരിക്ക് അല്ലെങ്കിൽ ഗ്രഹസ്ഥന് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കാര്യമാണ് സന്യാസം അനുശങ്കരായ പറഞ്ഞിരിക്കുന്ന എന്താണോ ആകർഷകം ആകർഷകമല്ലാത്ത വസ്ത്രം ധരിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ച വിവർണവാസ വർണ്ണമില്ലാത്ത വസ്ത്രം ധരിക്കും ആകർഷിക്കാത്ത ആൾക്കാരെ ആകർഷിക്കാത്ത എന്നുവെച്ച പഴയകാലത്ത് ചെളി പുരണ്ട വസ്ത്രങ്ങൾ അതാണ് വിവർണ വർണ്ണരഹിതമായ വസ്ത്രം ധരിക്കുന്നു പിന്നെ സന്യാസി തലമുണ്ഡലം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തിനാ ജാതികളെ അതല്ല എന്തിനാ തലമുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞു കർമാധികാരങ്ങളേക്ഷിക്ക ശിഖ നൂല് ഇതൊക്കെയാണ് കർമ്മത്തിന്റെ അധികാരങ്ങൾ അത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തലമുണ്ടനം ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഇത് ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ സന്യാസിയായി പിന്നെ ഇത് ചെയ്യുന്നത് കൊണ്ടും മറ്റൊരു ഗുണം കൂടെ ഉണ്ട് എന്താണ് അവനാണ് ഭിക്ഷം അപ്പൊ അവനാൾക്കാര് അന്നം കൊടുക്കും ഉദരനിമിത്തം ബഹുഹൃതവേഷം നേഴുകിരിക്കുന്നില്ലേ അത് തെറ്റായ അർത്ഥത്തിലുള്ള ശങ്കരായത് ശരിക്കും പറഞ്ഞിരിക്കുന്നതാണ് സന്യാസി തലമുട്ടയടിക്കുന്നതും കാവ്യവസ്ത്രം കൊടുക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഭിക്ഷാടനത്തിന് വേണ്ടിയാണ് അത് മോശം കാര്യമുണ്ട് ആ പക്ഷെ അത് വിവരമില്ലാത്തവരും ശങ്കര എഴുതി അല്ല എന്തുകൊണ്ട് ഭിക്ഷു എന്ന് പറയാൻ അവന് മാത്രമേ അവകാശമുള്ളൂ അവർക്ക് ഈ തലമൊട്ടയടിച്ച് ആയിട്ടുള്ള അവൻ മറ്റൊന്നുകൂടെ കൊണ്ട് അപരിഗ്രഹനായിരിക്കണം ഒന്നും അവൻ അവന്റേതായി സഞ്ചരിച്ച് വെക്കാൻ പാടില്ല അങ്ങനെയുള്ളവനുമായിരിക്കണം എന്നുവെച്ചാൽ അവന് ആശ്രമം പാടില്ല ആശ്രമത്തിൽ ഇരിക്കുന്ന സന്യാസിമാരാരും തന്നെ ശങ്കരാചാര്യ സന്യാസത്തെ പിന്തുടരുന്നവരല്ല അത് ഈ എഴുതിയ ശങ്കരാചാര്യല്ല സ്ഥാപിച്ചത് വേറെ ഏതോ ആരോ സ്ഥാപിച്ചാണ് ശങ്കരാചാര്യർ പറയുന്ന അനുസരിച്ച് മട സ്ഥാപിക്കുകയോ മഠത്തിലിരിക്കുന്ന ശങ്കരാചാര്യന്മാരും ഒന്നും സന്യാസി അല്ല അവരാരും മഠത്തിലിരിക്കുന്ന സന്യാസിയല്ല അവരുടെ പരിഗ്രഹമുണ്ട് മറ്റോ പറയുന്ന അപരിഗ്രഹമൊന്നും സമ്പാദിക്കാൻ പാടില്ല മഠങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്വത്തുള്ള സ്ഥാപനങ്ങളാണ് ശങ്കരാചാര്യ പറയുന്നതിന് വിരുദ്ധമാണ് അവരാരും ഭിക്ഷ എടുത്തല്ല ജീവിക്കുന്നത് അത് ശങ്കരാചാര്യ പറയുന്നതിന് വിരുദ്ധമാണ് അപ്പൊ ശങ്കര മഠങ്ങളും എന്തെല്ലാം വേണ്ടാ ദിനങ്ങൾ ലോകത്ത് പ്രസിദ്ധമായിരിക്കും അതൊക്കെ യഥാർത്ഥമാവുന്നുണ്ട് ശങ്കരാചാര് ഒരിക്കലും മട സ്ഥാപിക്കില്ല കാരണം ശങ്കരാചാര് ഒരു ഭാഷത്തിൽ ഒരിടത്തും മഠങ്ങളെ കുറിച്ച് പറയുന്നില്ല മട സ്ഥാപിക്കണമെന്ന് പറയുന്നില്ല സന്യാസിമാർ മടത്തി താമസിക്കണമെന്ന് പറയുന്നില്ല ശങ്കരാചാര്യൻ ഇങ്ങനെ സമ്പത്ത് കൂട്ടി വച്ചിട്ട് അങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നില്ല പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതല്ല പിന്നെ അങ്ങനെ ശങ്കരാചാര്യർ സ്ഥാപിക്കും താ പറഞ്ഞതിന് വിരുദ്ധമായും ചെയ്യും പക്ഷേ ഈ മഠങ്ങൾ സ്ഥാപിച്ച് അവിടെ ഇരിക്കുന്നവർക്ക് ഇത് ശങ്കരാചാര്യ സ്ഥാപിച്ചെന്ന് പറഞ്ഞാല് അവരുടെ ചെറു നടക്കത്തും അതുകൊണ്ടിങ്ങനെ പറയുന്നു എല്ലാ മഠങ്ങളോ സ്ഥാപനങ്ങളോ അന്ന് പിന്നെ ഇപ്പോ ശിവഗേരി മഠം സന്യാസിമാർ അവിടെ സന്യാസി എന്ന് പറയാൻ എന്തുകൊണ്ട് ഗുരു സ്ഥാപിച്ചാണ് സന്യാസിമാർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ശങ്കര മഠങ്ങളെ കഴിഞ്ഞു ഉറക്കം വരുന്ന ശങ്കരമഠങ്ങളുടെ കാര്യങ്ങൾ ഗുരു സന്യാസിമാരെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി മനഃസ്ഥാപിച്ചും അവരോട് പ്രവർത്തിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ ശരിയാണ് സമ്പത്ത് എല്ലാം ശരിയാണ് ശങ്കരമഠത്തിന് ഇതൊന്നും യോജിക്കത്തില്ല ഈ ശങ്കരാചാര്യന്മാരാരും തന്നെ ശങ്കരാചാര്യ സന്യാസത്തെ പിന്തുടരുന്നവരും അല്ല ഞാൻ പറയുന്ന എന്തുകൊണ്ട് ശങ്കരഭാഷയനുസരിച്ച് പറയും അതനുസരിച്ച് പറയും ശങ്കര സ്വന്മാരാണ് അതൊക്കെ ഇവരുണ്ടാക്കിയ കള്ളക്കഥകൾ ഇവർക്ക് അങ്ങനെ പറയുന്നു ശങ്കരാചാര്യ എഴുതി വച്ചിരിക്കുന്ന അനുസരിച്ച് ഈ പറയുന്നതും ഈ കാണിച്ചു കൂട്ടുന്ന മൂന്ന് മാസം ബന്ധം അത് കൊഴപ്പ എന്തുകൊണ്ട് വിശുദ്ധാനന്ദ സ്വാമി സാധിച്ചു ഒരാശ്രമം സ്ഥാപിച്ചു അതിനെന്താ കൊഴപ്പം അതിനൊരു പ്രശ്നമില്ല സർവൈവർ ആ അത് തന്നെ അതിനെന്താ തെറ്റ് അതിലൊരു കുഴപ്പമില്ല ഒരു ആശ്രമം സ്ഥാപിച്ച് സ്വത്ത് സമ്പാദിച്ചു കൃതി എഴുതി സന്യാസിമാരെ സൃഷ്ടിച്ചു അതൊക്കെ അത് എന്താണ് ആതെന്റിക്കാണ് ഇതൊക്കെ വെറുതെ ശങ്കരമടങ്ങൾ എന്നൊക്കെ പറയുന്നത് ആദർശവുമായിട്ട് ഒരു തരത്തിന് ഞാൻ ദിവ്യാൻ സ്വാമിയുടെടുത്ത് യോജിച്ചു ഈ ഭാഷ്യമനുസരിച്ച് സ്വാമിക്ക് മണ്ഡലേശ്വരനായിരിക്കാൻ പറ്റുമോ ഒന്നും വണ്ടിയില്ല ഞാൻ ഒറ്റയ്ക്കല്ല ചോദിച്ച് കൂടെ പലരും ഉണ്ടായിരുന്നു ഭാഷ അനുസരിച്ച് സ്വാമിക്ക് ഇങ്ങനെ മണ്ഡലേശ്വരനായിരിക്കാൻ പറ്റും വണ്ടിയില്ല ഉണ്ടാൻ പറ്റില്ല ആണെന്ന് പറഞ്ഞാ അടുത്ത ചോദ്യം വരും ഇത്രേയുള്ള സിമ്പിളായിട്ട് എവിടെ പറഞ്ഞിരിക്കുന്നു മണ്ഡലേശ്വരന്റെ കാര്യം ഭാഷയത്തില അവരുടെ അടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല സ്വാമിയല്ലേ എന്നെ പഠിപ്പിച്ച് കാണിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ മണ്ഡലേശ്വരനായിരിക്കാനുള്ള ഒരു പകുപ്പുമില്ല അല്ലെങ്കിൽ അങ്ങനെ മഠത്തിന്റെ ആധിപ്യനായിരിക്കുന്നൊന്നുമില്ല ഭക്ഷാട മാത്രേ ഉള്ളൂ അപ്പൊ പറയേണ്ടി ഇതൊക്കെ പിൽക്കാലത്ത് ശങ്കരാചാര്യരുടെ എന്താ അനുയായികൾ അവിടെയാണ് നമ്മൾ കയറി പിടിക്കുന്നത് എന്താണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ണി എന്ത് ചോദിക്കും ഞാനാണെങ്കി എന്ത് ചോദിക്കും കത്തുന്നുണ്ടോ ഉറക്കം മാറിയ സ്വഭാവ ഇങ്ങനെ പറയാം ഇതൊക്കെ പിൽക്കാലത്ത് ശങ്കരാചാര്യരുടെ അനുയായികൾ ഉണ്ടാക്കിയേ പറയാൻ പറ്റും അല്ലേ ഇപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ചെയ്യുന്നത് എന്താണ് എന്താണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചവര് അല്ലെന്ന് പറയോരും കാഞ്ചീപുരം എന്നല്ല ശൃങ്കേരിയും മറ്റടവും ഒന്നും ശങ്കരായരുടെ പരമ്പരയല്ല ശങ്കരായരുടെ പരമ്പരയെന്ന് പറയും ശങ്കരായ പറഞ്ഞ പോലെ ജീവിക്കുന്നവരാണ് ശങ്കരായരുടെ പരമ്പര ശങ്കരായ പറഞ്ഞിട്ടില്ല സ്വത്ത് സമ്പാദിക്കാൻ പറഞ്ഞിട്ടില്ല ഭക്ഷാടനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ശങ്കരായരുടെ പരമ്പര ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആരാണോ ഇത് ഉണ്ടാക്കിയത് അവര് ശങ്കരായരുടെ അനുയായികളല്ല അനുയായികളല്ല പരമ്പരയല്ല അസുഖം നിങ്ങൾക്കെല്ലാം ധൈര്യമായിട്ട് പറയും ഞങ്ങൾ ഗുരുവിന്റെ പരമ്പരയാണ് എന്തുകൊണ്ട് ഗുരു പറഞ്ഞിട്ടുണ്ട് എഴുതി വച്ചിട്ടുണ്ട് എന്താണ് ഇതൊക്കെ എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രമാണമായിരുന്നു ശങ്കരായരുടെ ഭാഷ എങ്ങനെ എന്നുവെച്ചാൽ പറയുന്ന കാരണം ഗുരുവിന്റെ ശിഷ്യനാണ് നടജ അപ്പോ തീർച്ചയായിട്ടും പറയാം ഗുരുവിന്റെ പരമ്പരയാണ് ഗുരുവിന് ഗൃഹസ്ഥ ശിഷ്യന്മാരുണ്ടായിരുന്നു ഗുരു സന്യാസം കൂടത്തെ ശിഷ്യന്മാരുണ്ട് മനസ്സു അത് തന്നെ അങ്ങനെ ഗുരുവിന്റെ ശൈലി അതൊക്കെ ആയിരുന്നല്ലോ ഒരു പല രീതിയിലല്ലേ അപ്പോ നറായുരു ഗുരു ശിഷ്യനായി സ്വീകരിക്കുകയും നിറായ ഒരു ഗുരുവിനെ ഗുരുവായിരിക്കുകയും ചെയ്ത അല്ല നെറായൊരു അതി ഒപ്പിട്ടില്ല ഒപ്പിടാന്നെയാണ് കാരണം അവിടെ ഒരു വലിയ ഗുരുതരമായൊരു തർക്കമാണ് നടന്നത് ധർമ്മസംഘത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഓരോരോ സന്യാസിമാരുടെ ഈ സമ്പത്ത് ധർമ്മസംഘത്തെ ലയിപ്പിക്കണം എന്നൊരു പ്രശ്നം വന്നു മനസിലായോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പല സന്യാസിമാരും ഒപ്പിടാൻ അങ്ങനെ പലരും മാറിയിരുന്നു കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിപ്പെടും എല്ലാവരും ഇതില് മനസ്സിലായോ അപ്പൊ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അതുകൊണ്ട് സന്യാസിമാരും ഒപ്പിടാതിരുന്നു പലരും ഒപ്പിടാതെയൊക്കെ നിന്ന് അവസാനം ഒരുപാട് ഗുരു അവസാനം പട്ടിണി കിടന്നു നിരാഹാര സത്യാഗ്രഹമൊക്കെ അടന്നു പാട് പെട്ട് എന്നിട്ട് എന്താണ് നിങ്ങളുടെ ശാസ്ത്രവൈദ്യും പറയായിരുന്നു അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്ന നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നാം പോയി തൊപ്പിയിടുന്നു ഇസ്ലാമതം സ്വീകരിക്കുന്നു എന്ന് ഭീഷണിപ്പെടുത്തി അന്ന് അടുത്തിരുന്നാളാണല്ലോ ഒരു നല്ല വൈദ്യർക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം എല്ലാവരും കൂടെ മനസ്സിലാ മനസ്സോടെ ധർമ്മ സംഘത്തിൽ ഒപ്പിട്ടത് ഒപ്പിട്ടപ്പൊ സ്വത്തെല്ലാം സംഘത്തിനായി അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് സ്വത്ത് രാമാനന്ദ സ്വാമിക്ക് അവിടെ വേറെ സ്വത്തുണ്ടായിരുന്നു അതൊക്കെ സ്വത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അതുകൊണ്ടാണ് പ്രശ്നം അപ്പൊ നടായുരു ഒപ്പിട്ടില്ല ഒരുപക്ഷെ നടായുരു സ്ഥാപനമുള്ളത് കൊണ്ടായിരിക്കും അത് ഇനി വരണ്ട വേറെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കും മനസ്സിലായോ ഇപ്പൊ കുറച്ച് സ്വത്തുണ്ട് ഇതിന്റെ മമ്പറായി കഴിഞ്ഞാൽ ആ സ്വത്ത് ഇതിന്റേതാവും ഇത് അങ്ങനെന്ന് വെച്ചാൽ സ്വാമിക്ക് മാറിയിരിക്കുക അതുപോലെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു അത് അതായിരുന്നു അന്നത്തെ ഒരു വലിയ പ്രശ്നം പിന്നെ അന്ന് എസ് എൻ ഡി പി ആയിട്ട് വഴക്ക് കിടക്കുന്നു വ്യവഹാരത്തിലേക്ക് പോകും എന്നുള്ള ഉറപ്പായിരുന്നു എന്നുവെച്ചാൽ ഇതെല്ലാം ഗുരു എസ് എൻ ഡി പി യോഗത്തിന് എഴുതി വച്ചാണ് ആദ്യം എല്ലാവർക്കും എഴുതി വെച്ചാണ് പക്ഷെ ഞാൻ ഇപ്പോ ഓർക്കുന്നു എസ് എൻ ഡി പി മാത്രീപോട് എല്ലാ എസ് എൻ ഡി പി വരും അങ്ങനെ വന്നു പ്രശ്നം വന്നത് ചൈതന്യസ്വാമിയെ ി ആലുവ അദ്വൈതാശ്രമത്തിൽ എസ് എൻ ഡി പിന്നെ എതിർത്തു അയാള് നായരാണ് അത് ഇത് ഏഴവരുടെ സ്വത്താണ് അപ്പൊ അതങ്ങനെ പോകുമെന്ന് പറഞ്ഞു വേളമുണ്ടാക്കി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഗുരു പറഞ്ഞു അപ്പോഴാണ് ജാതി മതം ഇല്ലാന്ന് വിളംബരം പുറപ്പെടിച്ചത് അതിനകത്ത് ഇങ്ങനെ ചില വ്യവഹാരങ്ങളുമുണ്ട് മനസിലായോ അതൊക്കെ സച്ചിദാരൻ സ്വാമിപ്പള്ളവരിൽ നിന്ന് പൂഴ്ത്തി വെക്കുകയാണ് ഇങ്ങനെ ചില കാര്യങ്ങളുമുണ്ട് അപ്പൊ ഗുരുവന്ത ചെയ്തു അങ്ങനെയാണെങ്കിൽ ജാതി മതമില്ലാത്ത എട്ടോളം സമുദായങ്ങളിൽപ്പെട്ട തന്റെ ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് ജാതിയില്ലാത്തൊരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ധർമ്മസംഘം ഉണ്ടാക്കിയത് ജാതി മതമല്ല ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു ഏണസ്റ്റ് കർക്ക് പിന്നെ അയാള് പോയെന്നോന്ന് എല്ലാരും കൂടെ ചേർത്ത് അതിൽ കൊറച്ചുപേരെ ഇങ്ങനെ എന്താണ് മെമ്പർമാരാക്കി അന്ന് ജനറൽ ബോഡിയൊന്നും ഇണ്ടോ കേട്ടോ ഏട്ടുപേരെ ചേർത്ത് അവിടെ ശിഷ്യന്മാരിൽ ഏഴുപേരെ ചേർത്ത് വെച്ചും കൊണ്ട് ഇങ്ങനെ വരെ അത് സന്യാസി മാത്രണ്ട് ഒരു ശാന്തി കിട്ടിയവരെയെല്ലാം ചേർത്തിച്ച് ഒന്നുണ്ടാക്കിയിട്ട് ഒരു വിൽപത്രം എഴുതി ഇതിന്റെ പേരിലും വെച്ച് തമാ തമാറ്റാ വേറെ പക്ഷേ വിൽപത്രം എന്ന് പറയുമ്പോൾ അവസാനം എഴുതി വെക്കുന്നതാണ് വില വില്പത്രം എത്ര വേണം എഴുതി വെക്കാൻ ഈ എന്താണ് ഇങ്ങനെ അവർ പറഞ്ഞതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് ഏഴോട്ട സമുദായം ഉണ്ടവര് ഇതിനകത്ത് ബ്രാഹ്മണനും അരയനും എല്ലാ ജാതിക്കാരും ഉണ്ട് നീഴവരും എല്ലാവരുമുണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ വഴക്കായി കേസ് ആയി ബഹളമായി അപ്പൊ ഗുരുവിന്റെ ആ ആശയം പറഞ്ഞെങ്കിലും പ്രായോഗികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളൊന്നും ഉണ്ടായി ഭയങ്കരമായ സംഘർഷം ഉണ്ടായി ഇത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അന്നത്തെ ഒരു സാമൂഹിക അന്തരീക്ഷമെന്ന് പറയുന്നത് ഈ ജാതികളൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതിയിൽ അകച്ച ഉണ്ടായിരുന്ന ഒരു സമയമാണ് എല്ലാരും പരസ്പരം വിശ്വാസമില്ലാതെ ശത്രുതയോടുകൂടി കണ്ടിരുന്ന സമയമാണ് അപ്പോഴാണ് ഗുരു ഇവരെല്ലാരും കൂടെ യോജിപ്പിക്കാൻ നോക്കുന്നത് സ്വാഭാവികമായിട്ടും യോജിക്കത്തില്ല അന്നത്തെ മനുഷ്യന്റെ സമൂഹത്തിന്റെയും വ്യക്തികളുടെയും മാനസികമായ സ്ഥിതി അതായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പ്രത്യേകിച്ച് അതിന് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ല സെൻഡിപിക്കാരെയോ സ്വായുമാരെയോ അങ്ങനെ പറയുന്ന ആ കാലത്തെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ ആരെയും കുറ്റം പറ്റില്ല പിന്നെ ഗുരുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയതുപോലെ ചെയ്യും ഓക്കെ മതിയാക്കള